അധ്യായം തൊണ്ണൂറ്റിനാല് അഷർഹ് മക്കയിൽ അവതരിച്ചത് എന്നാൽ എന്നർത്ഥം അള്ളാഹു ഹൃദയ വിശാലത നൽകിയതിനെ അനുസ്മരിപ്പിച്ചുകൊണ്ട് തുടങ്ങിയത് ഈ അദ്ധ്യായത്തിന് ഇപ്രകാരം പേർ നൽകപ്പെട്ടത് നിനക്ക് നിന്റെ ഹൃദയം നാം വിശാലതയുള്ളതാക്കി തന്നില്ലേ നിന്നിൽ നിന്ന് നിന്റെ ആ നാം ഇറക്കി വെക്കുകയും ചെയ്തു നിന്റെ മുതുകിന് ഞെരിച്ചു കളഞ്ഞതായ ഭാരം നിനക്ക് നിന്റെ കീർത്തി നാം ഉയർത്തി തരികയും ചെയ്തിരിക്കുന്നു എന്നാൽ തീർച്ചയായും കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും കൂടെ ഒരു എളുപ്പമുണ്ടായിരിക്കും യാൽ നിനക്ക് ഒഴിവു കിട്ടിയാൽ നീ അധ്വാനിക്കുക നിന്റെ രക്ഷിതാവിലേക്ക് തന്നെ നിന്റെ ആഗ്രഹം സമർപ്പിക്കുകയും ചെയ്യുക